അതിന്റെ വാക്കുകൾ കേട്ട് അദ്ദേഹം പുഞ്ചിരിച്ചു ചിരിച്ചു എന്നിട്ടു പറഞ്ഞു എന്റെ രക്ഷിതാവേ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ നീ എന്നെ സഹായിക്കണമേ നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് തൗഫീക്ക് നൽകുകയും നിന്റെ കാരുണ്യത്താൽ നിന്റെ സജ്ജനങ്ങളായ ദാസന്മാരിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ